പിന്നീട് അവർക്കു ശേഷം മൂസ അലിഹിസ്ലാമിനെയും ഹാറൂൺ അലിഹിസ്സലാമിനെയും ഫിർ ഔൻറെയും അവന്റെ സദസ്സുകാരുടെയും അടുത്തേക്ക് ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങളുമായി ഞങ്ങൾ എന്നാൽ അവർ അഹങ്കരിച്ചു അവർ കുറ്റവാളികളായ ഒരു ജനതയായിരുന്നു